അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന അള്ളാഹു സുബാനഹുവ ആലായുടെ ഒരു ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം അള്ളാഹു സുബഹാനഹുവ ആലായുടെ ഗ്രന്ഥത്തെ അവർ അറിയാത്തവരെപ്പോലെ അവരുടെ മുതുകിന് പിന്നിലേക്ക് എറിഞ്ഞുകളഞ്ഞു